നിങ്ങളുടെ ഭാര്യമാരിൽ ചിലർ സത്യനിഷേധികൾക്ക് ലഭിക്കുകയും നിങ്ങൾ അതിന് പ്രതികാരം ചെയ്യുകയും ചെയ്താൽ ഭാര്യമാരെ നഷ്ടപ്പെട്ടവർക്ക് അവർ ചിലവഴിച്ചതിന് തുല്യമായത് നൽകുക നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുസുബാനഹുവ ടായാലെ നിങ്ങൾ സൂക്ഷിക്കുക